ം നാൽപ്പത്തി എട്ട് മോവാബിനെ കുറിച്ചുള്ള അരുളപ്പാട് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നെബോവിന് അയ്യോ കഷ്ടം അത് ശൂന്യമായിരിക്കുന്നു കിരിയത്തൈമിന് ലജ്ജഭവിച്ചു അത് പിടിക്കപ്പെട്ടുപോയി ഉയർന്ന കോട്ട ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു മോവാബിന്റെ വമ്പ് ഒടുങ്ങിപ്പോയി ഹെസ്ബോനിൽ അവർ അതിൻറെ നേരെ അനർത്ഥം നിരൂപിക്കുന്നു വരുവീൻ അത് ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അതിനെ നശിപ്പിച്ചു കളകാം മദ്മേനെ നീയും പോകും വാൾ നിന്നെ പിന്തുടരും ഹോരോനൈമിൽ നിന്ന് നാശം മഹാസംഹാരം എന്നിങ്ങനെ നിലവിളി കേൾക്കുന്നു മോവാബ് തകർന്നിരിക്കുന്നു അതിന്റെ കുഞ്ഞുങ്ങൾ നിലവിളി കൂട്ടുന്നു ലൂഹിയത്തിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞും കൊണ്ട് കയറിപ്പോകുന്നു ഇറക്കത്തിൽ സംഹാരത്തെക്കുറിച്ചുള്ള നിലവിളിയുടെ സങ്കടശബ്ദം കേൾക്കുന്നു ഓടിപ്പോകുവിൻ പ്രാണനെ രക്ഷിപ്പീൻ മരുഭൂമിയിലെ ചൂരൽ ചെടി പോലെ ആയിത്തീരുവിൻ നിന്റെ കോട്ടകളിലും ഭണ്ണാരങ്ങളിലും ആശ്രയിച്ചിരിക്കൊണ്ട് നീയും പിടിക്കപ്പെടും കെമോഷ് തന്റെ പുരോഹിതന്മാരോടും പ്രഭക്കന്മാരോടും കൂടെ പ്രവാസത്തിലേക്ക് പോകും കൊള്ളയിടുന്നവൻ എല്ലാ പട്ടണത്തിലും വരും ഒരു പട്ടണവും ഒഴിഞ്ഞു യഹോവ അരുളി താഴ്വര നശിച്ചു സമഭൂമി ശൂന്യമായിത്തീരും മോവ പറന്നു പോകേണ്ടതിന് അതിന് ചിറകു കൊടുപ്പിൻ അതിന്റെ പട്ടണങ്ങൾ നിവാസികളില്ലാതെ ശൂന്യമായി പോകും യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ രക്തം ചൊരിയാതെ വാളടക്കി വയ്ക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ മോവാ ബാല്യം മുതൽ സ്വൈര്യമായി മട്ടിൻമീത് തെളിഞ്ഞു നിന്നു അവനെ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവന്റെ സ്വാദ് അവനിൽ തന്നെ ഇരിക്കുന്നു അവന്റെ മണം പൊയ് യാൽ പകരുന്നവരെ ഞാൻ അവന്റെ അടുക്കൽ അയപ്പാനുള്ള കാലം വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അവർ അവനെ പകർന്നു കളകി അവന്റെ പാത്രങ്ങളെ ഒഴിച്ച് കുടങ്ങളെ ഉടച്ചു കളകുകയും ചെയ്യും ഇസ്രേൽ ഗ്രഹം തങ്ങളുടെ ആശ്രയമായ ബിങ്കൽ ലജ്ജിച്ചു പോയതുപോലെ മോവാബും കെമോസിങ്കൽ ലജ്ജിച്ചു പോകും ഞങ്ങൾ വീരന്മാരും യുദ്ധസമർത്ഥന്മാരും ആകുന്നു എന്ന് നിങ്ങൾ പറയുന്നതെങ്ങനെ മോവാബ് നശിച്ചു അതിന്റെ പട്ടണങ്ങൾ പുകയായി പൊങ്ങിപ്പോയിരിക്കുന്നു അവന്റെ ശ്രേഷ്ഠ യുവാക്കൾ കുലനിലത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്ന് സൈന്യങ്ങളുടെ ഹോവ എന്ന നാമമുള്ള രാജാവിന്റെ അരുളപ്പാട് മോവാബിന് ആപത്തു വരുവാൻ അടുത്തിരിക്കുന്നു അവന്റെ അനർത്ഥം ഏറ്റവും ബന്ധപ്പെടുന്നു അവന്റെ ചുറ്റുമുള്ള എല്ലാവരുമായുള്ളവരെ അവനെക്കുറിച്ച് വിലപിപ്പീൻ അവന്റെ പേർ അറിയുന്ന ഏവരുമായുള്ളവരെ അയ്യോ ബലമുള്ള വടി ഭംഗിയുള്ള കോൽ എങ്ങനെ ഒടിഞ്ഞു എന്ന് പറവീൻ ദീപോൻ നിവാസിനിയായ പുത്രി നിന്റെ മഹത്വം വിട്ടിറങ്ങി ദാഹത്തോടെ ഇരിക്കുക മോവാവിനെ നശിപ്പിക്കുന്നവൻ നിന്റെ നേരെ വന്ന് നിന്റെ കോട്ടകളെ നശിപ്പിക്കുമല്ലോ അരോവേർ നിവാസിനിയെ നീ വഴിയിൽ നിന്നുകൊണ്ട് നോക്കുക ഓടിപ്പോകുന്നവനോടും ചാടിപ്പോകുന്നവളോടും സംഭവിച്ചതെന്ത് എന്ന് ചോദിക്കാം മോവാബ് തകർന്നിരിക്കയാൽ ലജ്ജിച്ച് പോയിരിക്കുന്നു മുറയിട്ട് നിലവിളിപ്പീൻ മോവാബ് ശൂന്യമായിരിക്കുന്നു എന്ന് അർണോനിങ്കൽ അറിയിപ്പീൻ സമഭൂമിക്ക് ന്യായവിധി വന്നിരിക്കുന്നു ഹോലോനും യഹസ്സിക്കും മേഫാത്തിനും ദീപോനും നെബോവിനും ി ബ്ലാത്തയീമിനും കിരിയത്തയീമിനും ബേത്ത് ഗാമൂലിനും ബേത്ത് മെയോനും കെരിയോത്തിനും ബൊസ്റയ്ക്കും മോവാബ് ദേശത്ത് ദൂരത്തും സമീപത്തുമുള്ള എല്ലാ പട്ടണങ്ങൾക്കും തന്നെ മോവാബിന്റെ കൊമ്പ് വെട്ടിക്കളഞ്ഞിരിക്കുന്നു അവന്റെ ഭുജം തകർന്നു എന്ന് യഹോവിയുടെ എരുളപ്പാട് മോവാബ് യഹോവയുടെ നേരെ വമ്പുകാണിക്കൊണ്ട് അവന് മത്തുപിടിപ്പിപ്പീൻ മോവാബ് തന്റെ ഛർദിയിൽ കിടന്നുരുളും അവൻ പരിഹാസവിഷയമായി തീരും അല്ല ഇസ്രയേൽ നിനക്ക് പരിഹാസവിഷയമായിരുന്നില്ലയോ നീ അവനെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും തലകുലുക്കുവാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിൽ പിടിക്കപ്പെട്ടിരുന്നുവോ മോവാബ് നിവാസികളെ പട്ടണങ്ങളെ വിട്ട് പാറപ്രദേശത്ത് പാർക്കുവീൻ ഗുഹയുടെ പാർശ്വങ്ങളിൽ കൂടുവയ്ക്കുന്ന പ്രാവിനെപ്പോലെയാകുവി മോവാ മഹാഗർവി അവന്റെ ഗർവത്തെയും അഹമ്മതിയെയും ഡമ്പത്തെയും നികളത്തെയും ഉന്നതഭാവത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവന്റെ ക്രോധം ഞാൻ അറിയുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അവന്റെ സംസാരം അസത്യം അസത്യമായത് പ്രവർത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മോവാബിനെ കുറിച്ച് മുറയിടും എല്ലാ മോവാബിനെയും കുറിച്ച് ഞാൻ നിലവിളിക്കും കീർഹേരസിലെ ജനങ്ങളെക്കുറിച്ച് അവർ വിലപിക്കും സിപ്മാ മുന്തിരിവള്ളിയെ യസേറിനെക്കുറിച്ച് കരയുന്നതിലും അധികം ഞാൻ നിന്നെക്കുറിച്ച് കരയും നിന്റെ വള്ളികൾ കടലിനിക്കരെ കടന്നിരിക്കുന്നു അവ യസേർ കടൽ വരെ എത്തിയിരിക്കുന്നു ശൂന്യമാക്കുന്നവൻ നിന്റെ കനികളിന്മേലും മുന്തിരി കൊയ്ത്തൻമേലും ചാടി വീണിരിക്കുന്നു സന്തോഷവും ഉല്ലാസവും വിളഭൂമിയിൽ നിന്നും മോവാപ് ദേശത്തു നിന്നും നീങ്ങിപ്പോയിരിക്കുന്നു ചക്കുകളിൽ നിന്ന് വീഞ്ഞ് ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു ആർപ്പുവിളിയോടെ ആരും ചക്ക് ചവിട്ടുകയില്ല ആർപ്പല്ലാത്ത ആർപ്പുണ്ടാകും താനും ഹെസ്ബോനിലെ നിലവിളി ഹേതുവാൽ അവർ എലയാലവരെയും യഹസ് വരെയും സോവാർ മുതൽ ഹൊരോനയും വരെയും യഗ്ളിലീശിയവരെയും നിലവിളി കൂട്ടുന്നു നിമ്മിറീമിലെ ജലാശയങ്ങളും ശൂന്യമായിത്തീരുമല്ലോ പൂജാഗിരിയിൽ ബലി കഴിക്കുന്നവനെയും ദേവന്മാർക്ക് ധൂപം കാട്ടുന്നവനെയും ഞാൻ മോവാബിൽ ഇല്ലാതെയാക്കുമെന്ന് യഹോവയുടെ അരിലപ്പാട് മോവാബ് സമ്പാദിച്ച സമ്പാദ്യം നശിച്ചു പോയിരിക്കൽ അവനെക്കുറിച്ച് എന്റെ ഹൃദയം കുഴൽ പോലെ ധ്വനിക്കുന്നു കീർ ഹേരസിലെ ജനങ്ങളെക്കുറിച്ച് എന്റെ ഹൃദയം കുഴൽ പോലെ ധ്വനിക്കുന്നു എല്ലാ തലയും കഷണ്ടിയായും എല്ലാ താടിയും കത്തിറിച്ചും ഇരിക്കുന്നു എല്ലാ കൈകളിന്മേലും മുറിവും അരകളിൽ രട്ടും കാണുന്നു ഇഷ്ടമില്ലാത്ത പാത്രത്തെപ്പോലെ ഞാൻ മോവാബിനെ ഉടച്ചു കളഞ്ഞിരിക്കിയാൽ മോവാബിലെ എല്ലാ പുരമുകളിലും അതിന്റെ തെരുക്കളിലെല്ലാ അടവും വിലാപമെന്ന് യഹോവയുടെ അരുളപ്പാട് അത് എങ്ങനെ ഉടഞ്ഞുപോയിരിക്കുന്നു മുറയിടുകയും മോവാബ് എങ്ങനെ ലജ്ജിച്ച് പുറന്തിരിഞ്ഞിരിക്കുന്നു അങ്ങനെ മോവാബ് തന്റെ ചുറ്റുമുള്ളവർക്കൊക്കെയും പരിഹാസത്തിനും സ്തംഭനത്തിനും വിഷയമായിത്തീരും യഹോവ ഇപ്രകാരം അരുളി അവൻ കഴുകനെപ്പോലെ പറന്ന് മോവാബിന്മേൽ ചിറക് വിടർക്കും കെരിയോർ പിടിക്കപ്പെട്ടു ദുർഗങ്ങൾ കീഴടങ്ങിപ്പോയി അന്നാളിൽ മോവാബിലെ വീരന്മാരുടെ ഹൃദയം നോവുകിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകും യഹോവിയുടെ നേരെ വമ്പു കാണിക്കിയാൽ മോവാബ് ഒരു ജാതിയായിരിക്കാതെ വണ്ണം നശിച്ചുപോകും മോവാബ് നിവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് വരുമെന്ന് യഹോവിയുടെ അരുളപ്പാട് പേടി ഒഴിഞ്ഞോടുന്നവൻ കുഴിയിൽ വീഴും കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിലകപ്പെടും ഞാൻ അതിന് മോവാബിന് തന്നെ അവരുടെ സന്ദർശനകാലം വരുത്തുമെന്ന് യഹോവിയുടെ അരുളപ്പാട് ഓടിപ്പോയവർ ബലമില്ലാതെ ഹെസ്ബോന്റെ നിഴലിൽ നിൽക്കുന്നു എന്നാൽ ഹെസ്ബോനിൽ നിന്ന് തീയും സീഹോന്റെ നടുവിൽ നിന്ന് ജ്വാലയും പുറപ്പെട്ട് മോവാബിന്റെ ചെന്നിയും തുമുലപുത്രന്മാരുടെ നിറുകയും ദഹിപ്പിച്ചുകളയും മോവാബെ നിനക്ക് ഹാകഷ്ടം കെമോഷിന്റെ ജനം നശിച്ചിരിക്കുന്നു നിന്റെ പുത്രന്മാരെ ബദ്ധന്മാരായും നിന്റെ പുത്രിമാരെ പ്രവാസത്തിലേക്കും കൊണ്ടുപോയിരുന്നു എങ്കിലും ഒടുക്കം ഞാൻ മോവാബിന്റെ പ്രവാസം മാറ്റുമെന്ന് യഹോവയുടെ അരിലപ്പാട് ഇത്രത്തോളമാകുന്നു മോവാബിനെക്കുറിച്ചുള്ള ന്യായവിധി